അള്ളാഹു സുബഹാനഹുവ ചായാല പറഞ്ഞു നിന്റെ സഹോദരൻ മുഖേന നിന്റെ കരുത്ത് ഞങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ അധികാരം നൽകും അതിനാൽ അവർ നിങ്ങൾക്കടുക്കില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന നിങ്ങളും നിങ്ങളെ പിന്തുടരുന്നവരും വിജയികളാകും